എല്ലാവർക്കും എൻ്റെ പ്രധാന ഉദ്ധവ വിഷാദം അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അർജുന വിഷാദം പോലെ ഉദ്ധവാ വിഷാദം മാറ്റാൻ ഭഗവാൻ ആത്മതത്വം ഉപദേശിക്കുന്നു അർജുനവിഷാദം മാറ്റാനും ആത്മതത്വം ഉപദേശിച്ചു ഏതുകൂലം മുനിശാവമേറ്റ് തമ്മിൽ തല്ലി ഏതാണ്ട് പൂർണ്ണമായി നശിച്ചു ഭഗവാൻ ഇതൊക്കെ അറിയുന്നുണ്ട് എങ്കിലും താനും ഒന്നിനും തടസ്സമായി നിന്നില്ല വ്യാസൻ പറയുന്നത് മുനിമാര് ശവിച്ചു ഭഗവാൻ അതൊക്കെ അറിഞ്ഞു ഭഗവാൻ ജ്ഞാതസവാർത്ഥ ഈശ്വരോപി തദന്യഥാകർത്തം നൈഷ് വിപ്രശാപം കാലരൂപ്യമോദത്ത ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ് ഈശ്വരനാണ് എങ്കിലും യുനിശാപത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തില്ല മാത്രമല്ല കാലരൂപ്യമോദത്ത ഈ പ്രപഞ്ച നാടകത്തിൽ ഓരോ കാലത്ത് ഓരോന്നും നടക്കണമെന്നുണ്ടാകും പ്രതിവിധിയൊക്കെ നോക്കാം പക്ഷേ നടക്കേണ്ടത് നടന്നിരിക്കും ആരെന്ത് പ്രതിവിധി നോക്കിയാലും ശരി നോക്കിയില്ലെങ്കിലും ശരി ഇത് ഈ പ്രപഞ്ച നാടകത്തിൻ്റെ നിയമം അങ്ങനെ ഏതുവിലും മുഴുവൻ നശിച്ചു യുകുലമാകുന്ന കാനനം മുനിശാപമാകുന്ന വന്നി കത്തിപ്പിടിച്ച് കരിഞ്ഞു ചമ്പലായി എന്നാണ് വ്യാസൻ പറയുന്നത് ഭഗവാൻ അവശേഷിച്ചു അപ്പോൾ ഇനി എന്താ തനിക്ക് കർത്തവ്യമായിട്ടുള്ളത് ഇനി ഇനി തന്റെ ഈ ശരീരം കൂടെ അങ്ങ് വിടണം നിഷ്പാദിതം ദൈവകാര്യം അവശേഷം പ്രതീക്ഷത്തെ ദൈവകാര്യമൊക്കെ നടന്നു കഴിഞ്ഞു ഇനി അവശേഷം എന്താ സ്വന്തം ശരീരം ഉപേക്ഷിക്കാം ഈ ഒക്കെ നമുക്കും കൃഷ്ണനും മാത്രമല്ല നമുക്കൊക്കെ കുറേശ്ശെ ബാധിക്കുന്നതാണ് ഒരാൾ തീരെ കിടപ്പിലായാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജനിച്ച് അഭിനയിക്കേണ്ട അഭിനയമൊക്കെ തീർന്നിരിക്കുന്നു ഈ ഏതാം തോന്നും പഠിച്ചില്ലെങ്കിൽ പോലും ഇനി എണീക്കം വയ്യാത്ത വിധം എന്ന് വന്നാൽ ഈ നാടകത്തിൻ്റെ സൂത്രധാരൻ നിശ്ചയിച്ചിരിക്കുന്നു ഇനി നിങ്ങളൊന്നും അഭിനയിക്കണ്ട മതി ഇനി എന്താ പറ്റുമെങ്കിൽ സന്തോഷമായിട്ട് വേഷം അഴിച്ചു വെക്കൂ പറ്റില്ലെങ്കിൽ പിന്നെ കരമ്പും വെളിച്ചും വേഷം അഴിച്ചു വെക്കൂ രണ്ടിലുമില്ല സാധിക്കൂ അത് സന്തോഷമായി കൃഷ്ണനെ പോലെ സന്തോഷമായി വേഷം അഴിച്ചു വെക്കാൻ പറ്റണമെങ്കിൽ ീ ജഗത്തിന്റെ സത്യസ്ഥിതി ശാസ്ത്രീയമായ സത്യസ്ഥിതി അറിഞ്ഞുകൊണ്ട് ബാക്കിയെല്ലാ അഭിനയവും നിർവഹിക്കണം അറിയാതെ നിർവഹിച്ചാൽ നിശ്ചയമായിട്ടും കരയേണ്ടി വരും ഇത്രയേ ഉള്ളൂ കരയേണ്ടി വരും വീണ്ടും പിന്നെയും ഈ അഭിനയരംഗത്തേക്ക് കടന്നു വരേണ്ടി വരും എന്തായാലും കൃഷ്ണൻ തന്റെ ശരീരം ഉപേക്ഷിച്ചു ഈ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് നാരദനും ധർമ്മപത്രോട് പറയുന്നത് എന്നയാണഹര ഭൂഭാര തും തനം വിജഹാവ കണ്ടതും കണ്ടലേവനവയം ചൈവ ഈശിത്സമം വ്യാഹരഭൂഭാരം ഭൂഭാരം തീർക്കാനാണ് താൻ ശരീരമെടുത്ത് വന്നത് ഈ കൃഷ്ണൻ മാത്രമല്ല ഭൂഭാരം എന്ന് വെച്ചാൽ ഇവിടെയുള്ള കളിയിൽ നിന്നത്ര കുഴപ്പങ്ങൾ തീർക്കാൻ നമ്മളൊക്കെ ഈ ശരീരമെടുത്ത് വന്നിരിക്കുന്നത് എന്താ കർമ്മരംഗത്ത് കഴിവുകളൊക്കെ വിട്ടുപോകണം അതാണ് ഭൂഭാരം തീർക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ കൃഷ്ണചരിത്രത്തിലെ സകല കാര്യവും വ്യക്തികളായ നമ്മളെയൊക്കെ ബാധിക്കുന്നതാണ് യലാഹരം ഭൂവോ ഭാരം ഏത് ശരീരത്തെ അവലംബിച്ച് ഭൂമിയുടെ ഭാരം പൂർണ്ണമാ തീർത്തു പൂർണ്ണമായും തീർത്തില്ല തീർക്കാൻ പറ്റുകയുമില്ല ഭൂമിയുടെ ഭാരം തീർത്തു യലാഹരം ഭൂവോ ഭാരം താം തനും വിജഹാവം ജനിക്കാത്ത ഭഗവാൻ അങ്ങനെ ആ ശരീരത്തെ ഉപേക്ഷിച്ചു അജ ജനിക്കാത്ത ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു ഏതുപോലെ കണ്ടതും കണ്ടതേനവ ദയം ചെയ്യുക ഈശിതുസമും ഭൂഭാരം ഉണ്ടാക്കിയ ശരീരവും അത് ഇല്ലാതാക്കാൻ ശരീരവും ഒന്ന് തന്നെ ഏതുപോലെ കൊണ്ടിരിക്കുന്ന മുള്ളും എടുക്കാൻ ഉപയോഗിച്ച മുള്ളും രണ്ടും മുള്ള കണ്ടകം കണ്ടകേനയുക കൊണ്ടിരിക്കുന്ന മുള്ള വേവ് മുള്ളുണ്ട് എടുത്തു രണ്ട് മുള്ള ഉപേക്ഷിക്കുക പിന്നെ നേരെ മുറിച്ച രണ്ടാമത്തെ മുള്ളു കയ്യില് വെച്ചുകൊണ്ടിരുന്നാൽ അത് വീണ്ടും വലെടുത്തുമൊക്കെ കയറി കോർത്ത് പിടിച്ചൂസ് വരും രണ്ടും കൂൾ കളയ സന്തോഷമായിട്ട് കണ്ടകം കണ്ടകം ചാഭീഷിതു സമം ഭഗവാൻ ഈ രണ്ട് ശരീരവും തുല്യം എന്നാണ് കൊണ്ടിരുന്ന ശരീരവും പൊക്കംസന്റെ ശരീരം ശിശുപാലന്റെ ശരീരം കൃഷ്ണന്റെ ശരീരം ഭഗവാൻ ഇതൊക്കെ തുല്യമാണ് ഇതൊക്കെ വേറെ പലയിടത്തും പറയുന്നുണ്ട് ശിശുപാലനെ വധിച്ചു രാജസൂയത്തിൽ ശിശുപാലൻ്റെ ദേഹത്തു നിന്നും ഒരു ജ്യോതിഷ വന്ന് ഭഗവാനിൽ ലയിച്ചു അപ്പോൾ ധർമ്മത്തിൽ നാരകനോട് ചോദിക്കുന്നു എന്ത് ഈ ശിശുപാലൻ ഭഗവാന്റെ ശത്രുവല്ലേ അദ്ദേഹത്തെ വളരെ അധികം അധികം അധിക്ഷേപിച്ച് സംസാരിച്ചവനല്ലേ അയാളുടെ ദേഹത്തു നിന്നും തേജോമയമായ ആ ജീവചൈതന്യം ഭഗവാൻകിൽ ദം പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല ഗൃഹയുടെ നിന്ദനസ്ഥല സത്കാര ഞക്കാരാർത്ഥം കളയവരം പ്രധാനപരയോ രാജന് അവിവേകേന കൽപ്പിത്തം നിന്ദിക്കാനും സ്തുതിക്കാനുമൊക്കെ ഈ ശരീരമുണ്ടല്ലോ ഇതൊരു കളിയണിട അല്ലാതെ ഇവ ഏത് ശിശുപാലൻ ഏത് കൃഷ്ണൻ അങ്ങനെ നിന്ദനസ്തവ സത്കാ ഒരു വസ്തുതയുള്ളൂ പരമാത്മാവ് അദ്ദേഹം ചിലപ്പോ കൃഷ്ണന്റെ ശരീരം കൈക്കൊള്ളുന്നു ഇപ്പുറത്ത് ശിശുപാലന്റെ ശരീരം കൈക്കൊള്ളുന്നു ഈ നാടകം നടിക്കുന്നു സ്തുതിക്ക് സ്തുതിയും നിന്ദയുമൊക്കെ നടക്കുന്നു നിന്ദനസ്തവ സത് നിന്ദനം സ്തവം സ്തുതി ശരീരം പ്രധാനപര രാജന് പ്രകൃതിയെ ആശ്രയിച്ച് ആ ജഗതീശ്വരങ്കൽ അവിവേകേന കൽപ്പിത്തം അവിവേകേന വിവേകമില്ലാത്ത ആളുകൾ കൽപ്പിച്ച് ഇതൊക്കെ കാണുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തേ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ സത്യം ഓർമ്മയിരിക്കണം ഇവിടെ ഒരു ശരീരവും ജനിച്ചിട്ടില്ല ഇത് കേൾക്കുമ്പോ ഭയപ്പെടരുത് എന്തു പരമസത്യം അതാണ് നമുക്കിപ്പം ചെയ്യാൻ നോക്കും ഒരു ശരീരവും ജനിച്ചില്ല കൃഷ്ണനും ജനിച്ചില്ല ഞാനാണോ നാരകൻ പറയുക നാരകൻ അവിവേകേന കൽപ്പിത്തം എന്നിമിത്തോ അഭിമാനോയം എവിടെ ഭ്രമകൽപ്പിതമായ ഈ ശരീരത്തെ ചൊല്ലിയാണ് അഭിമാനമൊക്കെ ഇല്ലാത്ത ശരീരം എന്നിമിത്തോ അഭിമാനോയം തദ്വാ പ്രാണിനാം വധ ഇല്ലാത്ത ശരീരം വധിക്കപ്പെടുമ്പോൾ പ്രാണികൾ വധിക്കപ്പെട്ടു എന്ന് കരുതുന്നു ഇവിടെ ഒരു പ്രാണിയും ജനിച്ചില്ല ആരും മരിച്ചില്ല ഒന്നാന്തരം ഒരു ഭ്രമം മായ ഇതും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജനിക്കുകയോ മരിക്കുകയോ എന്തുവേണോ ചെയ്യുക എന്നിവിത്വാഭിമാനോയം തദ്വ പ്രാണിന തഥാന്ന ഭഗവാൻ അങ്ങനെ ഒരു അഭിമാനമില്ലല്ലോ അതുകൊണ്ടാണ് ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ജ്യോതിച്ചുവിടെയെന്ന് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് ഒരൊറ്റ ഭഗവാനേ ഉള്ളൂ എന്നിമത്ത് ഭഗവാൻ അങ്ങനെ ഒരു അഭിമാനമില്ല തഥാവുന്ന തസ് സാധാരണ ജനങ്ങൾക്ക് തരുന്ന ആ അഭിമാനമൊന്നും ഭഗവാനില്ല എന്തുകൊണ്ടാണ് തഥാണ തസ് കൈവല്യാതൊക്കെ ഓരോ ശ്രദ്ധിക്കണം ഭഗവാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ആര് വധിക്കപ്പെടാൻ ആരുടെ ജ്യോതിസ് വന്ന് ലയിക്കാൻ ഒക്കെ എഴുത്തവും നൽകണം തഥാന്ന് തസ് കൈവല്യാ അഭിമാനോ അഖിലാത്മന സകല പ്രപഞ്ചവുമായി വർത്തിക്കുന്ന ഭഗവാന് അങ്ങനെ ഒരു പ്രത്യേക അഭിമാനമൊന്നുമില്ല ധർമ്മോത്രേ അതുകൊണ്ടിയൊന്നും പരിഭ്രമിക്കുകയൊന്നും വേണ്ട നിങ്ങളെ കൃത്യമൊക്കെ ചെയ്യുമ്പോഴൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ടൊക്കെ കരുതിക്കൊള്ളൂ ഒരു യുവസുമില്ല ഭാഗവത്തിലുടനീളം ആവർത്തിക്കുന്ന ഒരു പരമമായ ജീവിത രഹസ്യമാണ് ഇത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലക്ഷത്തിലധികമുള്ള തന്റെ മക്കൾ ഉൾപ്പെടെ യതുകുലം മുഴുവൻ ഏറെ പുല്ല തമ്മിൽ ചത്ത രൂപയാണു അപ്പോഴാണ് കാലരൂപ്യംഗമുള്ളത എന്താ ഇവിടെ മരണവുമില്ല മരണവുമില്ല പുറപ്പുമില്ല വാഴവും ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ പച്ചമലയാളത്തിൽ തന്റെ ആത്മോപദേശ ചതകുമെന്ന കൃതിയിൽ പറയുന്ന ഈ ശ്ലോകം പക്ഷേ ഈ ശ്ലോകത്തിലൊക്കെ എത്തി ആ പരമസത്യം ബോധ്യപ്പെടാനും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പരമകാരണത്തെക്കുറിച്ചൊക്കെ അല്പമൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ അത്യന്തം ശാസ്ത്രീയം അതാണ് മരണവുമില്ല അതായത് ഈ പദ്യത്തിൽ സംശയം തോന്നുന്ന വാക്കുവെല്ലതും ഉണ്ടോ മരണവുമില്ല പുറപ്പുമില്ല വായുവും സ്ഥിതി മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയും ഇല്ല നമ്മളൊക്കെ നരസുര ഷാജിയ ഇല്ല ഇവിടെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വഴക്കും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഉണ്ടെന്നും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് വഴക്കുകയുള്ളൂ എന്തിനാ ദുഃഖിക്കാതെ ജീവിതം അവസാനിപ്പിക്കാം നരസുരരാതിയും ഇല്ല നാമരൂട്ടം എല്ലാം നാമരൂപം അത് എങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ സ്വർണത്തിലും മണ്ണിലും ഉണ്ടാകുന്ന നാമരൂപമൊന്നുമല്ല മരുവിലമറുന്ന മരീച്ച് നീരുപോൽ നെൽപ്പൊരുപൊരുള ഈ കാണുന്നതൊക്കെ മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെയുള്ള കാഴ്ച ഒരു സത്യവുമില്ല അനന്തക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ പുറമേ കാണുന്ന പുതിയ സത്യമൊന്നുമില്ല എല്ലാം ഒരേ ഒരു വസ്തു മരുഭൂമിയിൽ ഒരു നദി ഇരമ്പിപ്പായുന്നു ഒരു തുള്ളി വെള്ളം പോലും അവിടെ ഇല്ല ആ വേദാന്തം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക അതാണിവിടെ അപകടം അതുകൊണ്ടാണ് ഇവിടെ തമ്മിലടി ഇവിടത്തെ തമ്മിലടി ഒന്നും വേദാന്തമെന്ന് പറയുന്നത് കൊണ്ടല്ല ഈ വേദാന്ത തത്വം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ അത്യന്തം സന്തോഷത്തോടുകൂടി നമുക്ക് വേണമെങ്കിൽ തമ്മിലടിക്കാം ഒരു കുഴപ്പമില്ലെന്ന നാടകത്തിൽ തമ്മിലടിക്കുന്നില്ലേ കൃഷ്ണന്റെ മക്കളൊക്കെ അദ്ദേഹം നോക്കി നിൽക്കവേ പത്തടി മാറി നിൽക്കവേ തമ്മിലടിച്ച് ചത്തുവഴുകയാണ് അദ്ദേഹം അന്വമത സന്തോഷിച്ചു തന്നു എന്താ കാര്യം മരണവുമില്ല ഉറപ്പുമില്ല വാഴവും നരസുരരാദിയുമില്ല ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീവേലി എത്ര നജായത്തേ മൃഗത്തെ കഥാച്ച് ഈ ശ്ലോകമൊക്കെ എല്ലാവർക്കും എന്ന ജാഗത്തയോ മൃഗത്തയോ ആക ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഒരിക്കലും ആ ശ്ലോകം ബാക്കിയൊക്കെ ഓർമ്മിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്തായാലും എതിരും നശിച്ചു കൃഷ്ണൻ തൻ്റെ എടുക്കാൻ ഉപയോഗിച്ചുമുള്ള എന്ന് കരുതുന്ന തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഉപേക്ഷിച്ചില്ല ഉപേക്ഷിക്കുന്നതിന് മുൻപാണ് ഉദ്ധവ വിഷാദം അർജുനന് സംഭവിച്ചതുപോലെ ഒരു വിശ വിഷാദം ഉദ്ധവര് ഉദ്ധവർക്ക് കാര്യം മനസ്സിലായി ഭഗവാൻ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് ഉദ്ധവര് ഒരു ഭഗവത് ഭക്തനാണ് പക്ഷേ അന്ത്യം വരെ സഗുണഭക്തൻ കൃഷ്ണരൂപം കൃഷ്ണരൂപം പൂജിച്ചു പൂജിച്ചു കഴിഞ്ഞയാളാണ് എന്ന് തുടങ്ങി കൃഷ്ണരൂപം പൂജിക്കാൻ അഞ്ചു വയസ്സിൽ തുടങ്ങിയതാ മഹാബുദ്ധിമാൻ വൃഷ്ണീനാം പ്രവരോ മന്ത്രി വൃഷ്ണികളിൽ വച്ച് അതിസമർത്ഥൻ കൃഷ്ണസ്യതസഖ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ഏതാണ്ട് തുല്യപ്രായമാണ് രണ്ടുപേരും കൃഷ്ണസ് ദൈതസഖ ശിഷ്യോ ബൃഹസ്പത്തെ സാക്ഷാത് സാക്ഷാത് ബൃഹസ്പതിയുടെ ദേവഗുരുവിന്റെ ശിഷ്യൻ ശിഷ്യോ ബൃഹസ്പത്തെ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസപ്തമ ഉദ്ധവൻ ബുദ്ധിസത്തമനാണ് പക്ഷേ എങ്കിലും ഈ പരമരഹസ്യം ശാസ്ത്രീയമായി അദ്ദേഹത്തിന് പിടിയിട്ടിരുന്നില്ല എന്ന് തുടങ്ങി കൃഷ്ണപൂജ അഞ്ചു വയസ്സിൽ എപ്പഞ്ചായനോ മാത്ര പ്രാതരാശായ തന്നൈച്ച രചയൻ യശ സപരിയാം ബാലലീലയാ ബാലലീലയാ കൃഷ്ണപൂജ മണ്ണിലുണ്ട് കൃഷ്ണവിഗ്രഹം ഉണ്ടാക്കി വെച്ച് താൻ തന്നെ ആ പൂജാഗ്രഹങ്ങളൊക്കെ കൊണ്ട് പൂജിക്കുകയാണ് കാലത്തെ അങ്ങനെ പൂജയ്ക്കിരിക്കുമ്പോ ഇടയ്ക്ക് വെച്ച അമ്മ വന്ന മകന കാലത്തെ പ്രാതലൊക്കെ ആയിട്ടുണ്ടോ കഴിക്കാം ഇപ്പോ വേണ്ടമ്മേ ആ പൂജ തീരട്ടെ അങ്ങനെ പൂജ അമ്മ തന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാൽ പോലും പൂജ തീർന്നിട്ടേ ഭക്ഷണം കഴിക്കൂ എന്ന് നിർബന്ധപൂർവം പൂജ നടത്തിയിരുന്ന ആളാണ് ഉത്തവരൻ പ്രാതരാശായ തുടർന്ന് കൃഷ്ണനും ഉദ്ധവരും സുഹൃത്തുക്കളായി രണ്ടുപേരും വ്രജത്തിൽ ഉള്ളവരാണ് കൃഷ്ണനീശ്വരനാണ് എന്ന് തീരുമാനമായി ഉദ്ധവർക്കും കാരണം അദ്ദേഹം കാണിച്ച അത്ഭുതകൃത്യങ്ങളും ഒക്കെ കൂടെ അദ്ദേഹത്തിന്റെ ഈശ്വരത്വം സ്ഥാപിച്ചു ഉദ്ധവര് കൂട്ടുകാരനായി മന്ത്രിയായി ഒന്മന്ദരൻ രാജ്യതന്ത്രജ്ഞൻ ബൃഹസ്പതിയുടെ ശിഷ്യനാണ് എന്ത് കാര്യവും കൃഷ്ണൻ ഉദ്ധവരോട് ചോദിച്ചിട്ട് ചെയ്യൂ രാജ്യകാര്യങ്ങളൊക്കെ മന്ത്രി ഉദ്ധവരെ കൃഷ്ണന്റെ മന്ത്രിയായി തന്നെ നിയമിച്ചു എന്ത് കാര്യവും ഉദ്ധവരോട് ചോദിച്ചിട്ട് രാജ്യകാര്യങ്ങളും മറ്റും കൃഷ്ണൻ ചെയ്യാറുള്ളൂ അങ്ങനെ ഒരുമിച്ച് വളർന്നു പക്ഷെ കൃഷ്ണ കൃഷ്ണപൂജയിൽ കംസനും മറ്റും സംഭവിച്ചതുപോലെ ഇവിടെ ഭക്തി ഉണ്ട് കംസന് ഭയങ്കുണ്ട് ചേരികന് ശിശുപാലിന് വിദ്വേഷ പൂർണ്ണമായ ഏകാഗ്രത തന്മ ഭാവം വന്നിട്ടുണ്ട് അത് ഉത്തേർക്കും വന്നിട്ടുണ്ട് ഒരു നിമിഷം പോലും ഇവിടെ പറയുന്നു ക്ഷണാർത്ഥം പോലും കൃഷ്ണഭാഗം വിസ്മരിച്ച് ഉദ്ധവർ തന്നിട്ടില്ല പക്ഷേ നാമരൂപം ബാക്കി നിൽക്കുന്നു ഇവിടുത്തെ നിയമം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നാമരൂപത്തിൽ പോലും പൂർണ്ണമായ തന്മയീ ഭാവം കംസന് വന്നതുപോലെ ഗോപികമാർക്ക് വന്നതുപോലെ ശിശുപാലന് വന്നതുപോലെ ഒരാൾക്ക് വരുമെങ്കിൽ നാരദന് വന്നതുപോലെ ഭരതന് വന്നതുപോലെ ഒരാൾക്ക് വരുമെങ്കിൽ ആ ജീവിതത്തിൽ പൂർണ്ണമായ ബ്രഹ്മാനുഭവം ഇല്ല ച നാമരൂപം ബാക്കി നിൽക്കുന്നു പക്ഷേ അടുത്ത ജന്മത്തിൽ ഉള്ളിലിരുന്ന ഭഗവാൻ തന്നെ അവരുടെ നല്ല ബ്രഹ്മാനുഭവമുള്ള കുട്ടികളാക്കി ജനിപ്പിക്കും ഇതാണ് നിയമം അതുകൊണ്ടാണ് ഭഗവാൻ ഗീത പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഈ ഭജനം സഗുണമോ നിർഗുണമോ എന്തുമാവട്ടെ സർവാത്മന എന്നിൽ ഏകീഭവിക്കുമോ അവരുടെ കാര്യം ഞാൻ നോക്കും പക്ഷേ അത് സൂക്ഷിച്ചോളാം സർവാത്മന ഒക്കെ ഭഗവാന് ഒരു നിമിഷം മറക്കുന്നില്ല അടുക്കളയിലായാലും ശരി ആ ഫീസിലായാലും ശരി സഗുണരൂപത്തിൽ പോലും ഭഗവാനെ മറക്കുന്നില്ല അങ്ങനെ ഏകീഭവിച്ചവരാണ് നാരദൻ നാരദൻ നമ്മൾ ഏകീഭവിച്ചു അങ്ങോട്ട് ധ്യാതസ്തരണം നമ്മൾ കണ്ടില്ലേ ഒരു വൃക്ഷച്ചൂട്ടിലിരുന്ന് ധ്യാനിച്ചു ധ്യായരണം ഭോജം ഭാവമർഭര ചേതസ ഔത്കണ്ഠ്യ അശ്രുകലാക്ഷസ് ഹൃദയാസീന്മേ ശനേരഹരി ഭാവം ഭാവത്തം മുഴുവൻ ഭഗവാൻ ഗലേകീഭവിപ്പിച്ചുകൊണ്ട് ഒരു മരച്ചുവട്ടിലിരുന്ന് നാരുകൻ അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചുറപ്പിച്ചു അപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷരൂപത്തിൽ ഉള്ളിൽ നിൽക്കുന്നതായി നാരകന് തോന്നി ആ ഉത്കണ്ഠ അശ്രുവലാക്ഷസ്യർ ആ ഉത്കണ്ഠ നിമിത്തം നാരകന്റെ കണ്ണിൽ കണ്ണുനീർത്തുള്ളിൽ നിന്ന് നിറഞ്ഞു ഹൃദ്യാസീ ശനൈ ഹരി ഹരി എന്റെ ഉള്ളിൽ വന്നു പക്ഷേ പെട്ടെന്ന് മറിഞ്ഞുള്ളത് പ്രേമ അതിഫര നിർഭിന്ന പുളകാങ്കോ അതിനിർത്ത ആനന്ദസംപ്ലവേ ലീനോ നാ അപശ്യമുഭയം മുന്നേ ഈ വ്യാസനോട് പറഞ്ഞു കഴിക്കുകയാണ് ഭാഗവതമാദ്യം അല്ലയോ വ്യാസരെ എന്റെ മനസ്സ് ഒരാനന്ദനദിയിൽ നിന്നൂടി ആനന്ദസംപ്ലവേ പ്രേമാതിഫര നിർഭിന്ന പുളകാങ്കോ ഭഗവാനോടുള്ള പ്രേമാതിഫരം കൊണ്ട് ശരീരം ഒരു റോമാൻസമണിഞ്ഞു പുലകങ്കോ ആ തീയുന്നൊരു വെറുത ആനന്ദ്രതയെ ലീനോ ഒരാനന്ദ തിരത്തള്ളലിൽ നൻകൂരെ ചഗുണരൂപത്തിൽ പോലും പൂർണ്ണമായ ഏകാഗ്രത വരുമെങ്കിൽ ഈ ആനന്ദം അനുഭവിക്കാം പക്ഷേ ആനന്ദം മാറിപ്പോവും വരെ കുറച്ച് ബ്രഹ്മ നിഷ്ഠയിൽ ആനന്ദമനുഭവിച്ചാൽ പിന്നെ അത് വിട്ടുപോരില്ല ആനന്ദസമ്പ്ലബേലീനോ നവശ്യമുഭയം മുന്നേ ഞാൻ ഭഗവത് രൂപത്തിൽ ഏകീഭവിച്ചു അരവ്യാസരെ ഞാൻ രണ്ട് കണ്ടില്ല അതുകൊണ്ട് ഭഗവാൻ ഉള്ളിലങ്ങനെന്ന് അറിഞ്ഞു തിങ്ങിയപ്പോൾ ഭഗവാൻ മാത്രം ഞാൻ പോലുമില്ല പക്ഷെ പെട്ടെന്ന് ഭഗവാൻ മറഞ്ഞു നാരുകൻ ഉണർന്നു ഭഗവാൻ മറഞ്ഞു അപ്പോരശരീര് കേട്ടു എടതു നാരുത അദ്ദേ അസ്മിൻ ജന്മനി ഭൻ നമൃഷ്ടി ഹർഹസി ഈ ജന്മത്തിൽ ഇനി നനക്ക് ഈ കാഴ്ച സാധ്യമല്ല ഞാൻ ഇപ്പൊ നിന്നെ ഇത് കാണിച്ചതാ അല്ലെ പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പേടിക്കണ്ട അടുത്ത ജന്മത്തിൽ നിന്നെ ഞാൻ വേണ്ട പോലെ പരമമായ സത്യം അനുഭവിപ്പിച്ച് നിന്നെ ധന്യനാക്കിക്കൊള്ളാം ഈ ജന്മത്തിൽ നിനക്കിനി എന്നെ കാണാൻ ഒക്കില്ല അവിപക്വ കഷായ ദുർദർശോഹം കുയോഗിനതവരാത്ത മനസ്സിന് നാമരൂപങ്ങൾ വിട്ടുപോകാത്ത മനസ്സിന് രണ്ടുണ്ടെന്ന് തോന്നുന്നതാണ് പാകതവരായ്മ അന്യഭാവം അജ്ഞാനം രണ്ടുണ്ട് ഇവിടെ ഒന്നേ ഉള്ളൂ ശാസ്ത്രീയമായി ആര് ചിന്തിച്ചാലും ഇവിടെ ഒരു വസ്തുതയേയുള്ളൂ അതിലെ നാമരൂപങ്ങൾ പോലും വെറും കാണൽ ആ സത്യമറിയാതെ ഈശ്വരനു പോലും ഈശ്വരനായിപ്പോലും ഒരു പ്രത്യേക രൂപം ഉണ്ടെന്ന് സങ്കൽ ഉണ്ടെന്ന് സങ്കൽപ്പിച്ചു കുറയാൽ അതാണ് മനസ്സിന്റെ അവിപക്വ കഷായ ഭാവം നാരദന അത് നമ്മൾ കാണുന്നു ഇത് തന്നെയാണ് ഭരതനും ഭരതനും ഇങ്ങനെ വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയതാണ് ഒരു മാൻകുതിയിൽ മനസ്സിൽ നിന്ന് പറ്റി ഞാനല്ലാതെ ആരുണ്ട് എന്നിങ്ങനെ സ്വയം ചിന്തിച്ചു പോയി ആ വിഷ്ണു മറഞ്ഞു നിരവറിച്ച് ബ്രഹ്മഭാവത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു കോപ്പുവില്ല ആ മാനും ബ്രഹ്മം വിഷ്ണുവും ബ്രഹ്മം തുല്യം അങ്ങനെ വിഷ്ണുവിനെയും മാനിനെയും തുല്യമായി കരുതാമോസാർ കരുതിയില്ലെങ്കിലും ഈ കുഴപ്പമാണെന്ന് വെച്ചാൽ ഒരേ വസ്തു ആണ് ഇപ്പൊ മണ്ണുണ്ട് ഗുരുവായൂരപ്പന്റെ രൂപയും ഒരു കടുവയുടെ രൂപവും മണ്ണുണ്ട് അറിയാവുന്ന ഒരാൾ എന്താ കുട്ടികൾക്കൊക്കെ ചിലപ്പോ ഗുരുവായൂരപ്പന്റെ രൂപത്തോട് കൂടുതൽ ഇഷ്ടം വരാം കടുവയുടെ പേടി തോന്നാം പക്ഷെ അറിയാവുന്ന ആളിനോ അവിടെ കരുതുകയുമില്ല ഗുരുവായൂരപ്പനുമില്ല ഈ ഗംഭീരമായ ജീവിത സത്യം മനസ്സിലാക്കുക എന്നിട്ട് ഗുരുവായൂരപ്പന്റെ രൂപം വേണമെങ്കിൽ സഗുണ ഭക്തി എന്ന നിലയിൽ ധ്യാനിക്കാൻ ആരുടെ രൂപം വേണമെങ്കിൽ ഏരിച്ചുകൊടുക്കുക അവിടെയും ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു രൂപം തെരഞ്ഞെടുക്കണം അല്ലെങ്കിൽ നൂറായിരം രൂപങ്ങളിൽ മനസ്സിങ്ങനെ നരമ്പത്തായിട്ടും നേരെ എല്ലാ കോവിലും പോയി അവിടെ ചെന്ന് കൃഷ്ണൻ ഈ പോകുന്നതിന് കുഴപ്പമില്ല കൃഷ്ണനും ശിവനും രാമനും ഒന്നാണെന്ന് ഉറച്ചുകൊണ്ട് പോവുക അല്ല അവിടെ ശിവൻ ഇവിടെ ഇവിടെ ഇപ്പൊ ശിവനെ കണ്ടിട്ട് കൃഷ്ണനെ കാണാതിരുന്നാൽ കൃഷ്ണൻ കോപിക്കുന്ന അങ്ങനെയുള്ള ചിന്തയൊക്കെ വിട്ടിട്ട് ഈ വസ്തുദോശം സിദ്ധാന്തപരമായിട്ടെങ്കിലും ഉൾക്കൊള്ളുക പൂർണ്ണമായിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട അങ്ങനെയാണെങ്കിൽ തന്നെ വലിയ ശാന്തി കിട്ടുമേ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നു ഒരിക്കലും ഒരു അമ്മ എന്നോട് പറഞ്ഞു സർ ഞാന് രാമനെയും ശിവനെയും ഇഷ്ടദേവതമാരായി ഭജിക്കുകയാണ് അപ്പൊ ഞാനൊരു നേരം പോക്കായിട്ട് ചോദിച്ചു അമ്മ ഒരാളിനെ അങ്ങ് വിട്ടൂടെ കരഞ്ഞൊളിങ്ങുണ്ടാക്കുക ഞാൻ ചോദിച്ചാൽ ഒരാളിനെ അങ്ങനെ വിട്ടൂട്ടെ ഒരാൾ പോരെ കണ്ണുനീർ കൂടെ കണ്ണുനീർ ആ വന്നാൽ നമുക്ക് കാര്യമായ സ്വസ്ഥത ഉണ്ടാവില്ല എന്തായാലും കംസൻ ഗോപികമാർ അവർക്കൊക്കെ സംഭവിച്ചത് കൃഷ്ണരൂപത്തിൽ പൂർണ്ണമായേ ഈ ഭാവം ആ ജീവിതത്തിൽ തന്നെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠ വന്നില്ലെങ്കിൽ പോലും ഭഗവാൻ അവർക്കടുത്ത ജീവിതത്തിൽ ജനനാൽ തന്നെ ജനിക്കുമ്പോൾ മുതൽ തന്നെ പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ നൽകുന്നതാണ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നത് ഞാൻ അവർക്കുള്ളിലിരുന്നു കൊണ്ട് ജ്ഞാനദീപം തെളിയിക്കും എന്നാണ് എന്തായാലും ഉദ്ധവർ ഇങ്ങനെ കൃഷ്ണങ്ങൾ മനസേകീഭവിച്ച ആളാണ് മഹാബുദ്ധിമാൻ കൃഷ്ണൻ ശരീരം വിടാൻ ഭാവിച്ചു വിടാൻ ഭാവിക്കുന്നു എന്ന് ഉത്തകർക്ക് തോന്നി ഭഗവാന്റെ അടുത്ത് നിന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞു അങ് എന്തിനാ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നുല്ലോ അങ്ങ് ശരീരം വിടാൻ ഭാവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ കൃഷ്ണൻ പറഞ്ഞു എടോ അത് ശരിയാണ് ഞാൻ എന്റെ ജോലിയൊക്കെ തീർത്തിരിക്കുന്നു ഞാൻ എന്തിനു വേണ്ടി ഈ ശരീരം അംഗീകരിച്ചോ ആ ജോലിയൊക്കെ തീർത്തിരിക്കുന്നു പിന്നെ സന്തോഷമായി ദേവന്മാരും ഒക്കെ എന്നോട് പറയുന്നു എന്നു വെച്ചാൽ ഉള്ളിലിരുന്ന് മനസ്സ് നിർബന്ധിക്കുന്നു ഇനിയിപ്പോൾ ആവശ്യമില്ല വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു ദേവന്മാരും ഒക്കെ പറയുന്നു ഞാനതുകൊണ്ട് ഉച്ചവരെ ഈ ശരീരം വിടാൻ തീരുമാനിച്ചു ഒന്ന് നോക്കിക്കും ഞാൻ ഈ ശരീരം വിടുന്ന നിമിഷം കലി രംഗപ്രവേശം ചെയ്യും ഇവിടെയൊക്കെ ആളുകളുടെ മനോഭാവമൊക്കെ മാറും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഈശ്വര ചിന്തയെപ്പോ വിട്ടോ പിന്നെ ജലചിന്ത മാത്രം അപ്പൊ ഈശ്വരൻ ഏഴ് നിമിഷം വിട്ടുപോകുന്ന ഒടുവിൽ നിന്നും ആ കുഴപ്പമാണ് ഇന്ന് ലോകമൊട്ടിക്കും ഗംഭീരമായി കാണുന്നത് പ്രധാനമായും ഈ കുഴപ്പമാണ് ഈ അതിമോഹം പണത്തോടും പ്രശസ്തിയോടും പേരിനോടും ഒക്കെയുള്ള അതിമോഹം നിമിത്തം ലോകം ഇളകി മറിയുന്നു അതങ്ങനെ നടക്കട്ടെ നമുക്കെന്ത് വേണം എന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി ഭഗവാൻ പറയുന്നതിനിടെ അർത്ഥമുള്ളൂ ഞാൻ ഈ ശരീരം വിട്ടാൽ അടുത്ത നിമിഷം കലി രംഗപ്രവേശം ചെയ്യും അല്ലേ ഉദ്ധവര് അതുകൊണ്ട് നിങ്ങളും ഇനിയിപ്പോ ഇവിടെ വയസ്സും നൂറ്റി ഇരുപത്തിയഞ്ചായില്ലേ ഇരുപത്തഞ്ചിനോടടുത്തായല്ലോ ഇനിയിപ്പോ ഇവിടെ നിൽക്കണമെന്നില്ല അപ്പോഴാണ് ഉദ്ധവർ പറഞ്ഞത് ഭഗവാനെ എന്തായി പറയുന്നു അങ്ങേ വിട്ടുപോകാൻ എനിക്ക് സാധ്യമേ അല്ല അങ് ഇപ്പൊ എന്നെ വിട്ടുപോകുമെന്തോ എനിക്കൊരിക്കലും അത് ചിന്തിക്കാൻ പോലും അയ്യ ഹം തവങ്ഘ്രികമലം ക്ഷണാർത്ഥമപി കശവ തെക്തും സമുസഹേ നാഥ സ്വധാമങ്ങയ മാമപ്പി നഹം തവങ്ഘ്രി കമലം അങ്ങയുടെ ഈ പാദകമലം ക്ഷണാർത്ഥമപി കേശവ ഒരു തെത്തും സമുത്സഹേ നാഥ നാഥ ഇത് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടിപ്പോ എന്ത് വേണം സ്വധാമനെ മാണവി അങ്ങ് ഇവിടെ പോകുന്നു എന്നെ കൂടെ കൊണ്ടുപോകും എന്നെ വിട്ടിട്ട് വിടുന്നു പോകുന്നത് ഒരിക്കലും ശരിയല്ല അങ് എങ്ങോട്ടാണോ പോകുന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് നിശ്ചയമായും എന്നെ കൂടെ കൊണ്ടുപോകണം ഇതാണ് സഗുണഭക്തിയിൽ തങ്ങി നിന്നാലുള്ള അവസാനത്തെ വൈഷമ്യം കൃഷ്ണെ കൃഷ്ണനെ കൃഷ്ണന്റെ ആ ഒരു രൂപം വിടാൻ പറ്റുമോ വിടാൻ പറ്റില്ല അപ്പൊ എന്തുകൊണ്ടും കൃഷ്ണരൂപത്തോടു കൂടി വീണ്ടും വരണം അത്രയേ ഉള്ളൂ ഇനി പൂർണ്ണ ഏതാണ്ടൊരു പൂർണ്ണമായ ഏകീഭാവമുണ്ടോ കൃഷ്ണങ്കിൽ ഉദ്ധവർക്ക് അതുണ്ട് അതാണ് ഇവിടെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് അങ്ങനെ വിട്ടുനിൽക്കാൻ ഒരു നിമിഷവും എനിക്ക് സാധ്യമല്ല അങ്ങനെ ഒരാൾക്ക് ഏകീഭവിച്ചാൽ പിന്നെന്താ ഭഗവാൻ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ജ്ഞാനം ആരെക്കൊണ്ടെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കും ഇതാണ് നിയമം ഇത്ര രണ്ട് ഏകീഭാവം രൂപത്തിൽ വന്നോ ഭഗവാന്റെ ചുമതലയാണ് പിന്നെ അവരാഗ്രഹിച്ചില്ലെങ്കിൽ പോലും പരമമായ ജ്ഞാനം അവർക്ക് പ്രദാനം ചെയ്യും ഇത് കൃഷ്ണൻ പറയുന്നു തേഷാമേവ അനുകമ്പാർത്ഥം അഹമജ്ഞാനമയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനീപേന ഭാസ്വത വിഭൂതിയോ എന്ന പത്താം അധ്യായത്തിൽ ഗീതയിൽ പറയുന്നു എന്നെ ഇങ്ങനെ നിരന്തരം ചിന്തിച്ചും മച്ചിത്താ മദ്ഗതഭാവ പ്രാണ എന്നെ തന്നെ പരസ്പരം ചർച്ച ചെയ്യും കഴിയുന്ന ആളുകൾക്ക് േഷാമേവ അനുകമ്പാർത്ഥം അവരിത്രയുമൊക്കെ ഭഗവാനിതൊക്കെ അറിയാമേ സർവത്രം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു ഗോസരൂപനായ ഭഗവാൻ നമ്മുടെ ഉള്ളിലെ ഏത് ചലനവും എപ്പോഴും ഉള്ളിലിരുന്നു കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും അവരെന്നെ തന്നെ ഭവിച്ചു ഭജിച്ചല്ലോ അതുകൊണ്ട് തേഷാമേവ അനുകമ്പാർത്ഥം അവരോടുള്ള അനുകമ്പ കൊണ്ട് േഷാമേവാനുരം വാർത്ഥമാഹം അജ്ഞാനജം തമ ഈ വേറൊന്നുണ്ട് ഈ നാമവും രൂപവും സത്യമാണ് എന്നവർക്ക് തോന്നുന്ന ആ അജ്ഞാനം അജ്ഞാനജം തമ നാശയാമി അത് ഞാൻ നശിപ്പിക്കും എവിടെരുന്നുണ്ട് അവരുടെ ഉള്ളിലിരുന്ന് നശിപ്പിക്കും പുറത്തിരുന്നൊന്നുമല്ല നാശയാമ്യാത്മഭാവസ്ഥോ അവരുടെ ഉള്ളിൽ ഞാൻ സദാ സദാ കുടികൊള്ളുന്നു ഒരിക്കലും ബോധരൂപനായി വിട്ടുപോകാതെ അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നു നാശയാമ്യാത്മഭാവസ്ഥോ എന്ന് നശിപ്പിക്കും ജ്ഞാനദീപേന ഭാസ്വത്ത തേജോമയമായ ജ്ഞാനദീപം കൊണ്ട് എന്താ ജ്ഞാനദീപം എല്ലാം ഒന്ന് വാസുദേവ സർവമിതി സമാഹാത്മാ സുദുർലഭ വനായി ഭജിക്കുന്ന ഈ തത്വം തന്നെയാണ് സർവവും ബ്രഹ്മതത്വം എന്നവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് തേജോമേമായ ജ്ഞാനദീപം പ്രകാശിപ്പിച്ച് ഞാൻ അവരെ രക്ഷിക്കും അർജുന എന്ന് പത്താം അധ്യായത്തിൽ ആരംഭത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അതിവിടെ സംഭവിക്കുന്നു ഉദ്ധവര് ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാനിരുതെന്ന് തന്നെ ആ ജ്ഞാനോപദേശം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ഉദ്ധവർ പറഞ്ഞു എന്നെ എനിക്ക് അരനിമിഷം അങ്ങ് വിട്ടു നിൽക്കാനൊക്കില്ല അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്ത് എന്നെക്കൂടെ കൊണ്ടുപോകണം ഭഗവാൻ പതുക്കെ ഉദ്ധവരെ കുറച്ചൊരേ ഗാന്ധ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മഠയാ ഉദ്ധവാ നീ ഇതുവരെ ഞാൻ ആരാണെന്ന് വ്യക്തമായി ധരിച്ചില്ലല്ലോ നമ്മൾ ഈ പത്തു നൂറ്റി ഇരുപത് കൊല്ലമായിട്ട് ഞാനും നെയ്മും ഒരുമിച്ച് കഴുകുകയാണ് കഷ്ട ഇത്രയും നാളും നീ ഞാൻ യഥാർത്ഥ ഞാനിത് ഈ ശരീരമാണോ ഇത് പത്തുനൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് ഉണ്ടായത് മാംസാസ്ഥിമയമായ ശരീരം അവതാരപുരുഷന്റെ അല്ല ഇന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എന്താ അവരുടെ ശരീരം എല്ലും മാംസവും രക്തവും കൊണ്ടുണ്ടാക്കിയതല്ലേ നമ്മുടെയൊക്കെ ശരീരം ആരുടെ ശരീരമായാലും ഈ ലോകത്ത് ശരീരമാണോ മാംസാസ്തിമയമായ അശുചി ശരീരം അപ്പം ഈ ശരീരമാണ് ഞാനെന്നാണോ ഉദ്ധവരെ കരു കരുതിയത് വല്ല കഷ്ടമായി പോയു ഇനി ഇനി ഇതൊട്ടും വെച്ച് താമസിപ്പിക്കാനൊക്കെ ഇല്ല ഞാൻ ഈ ശരീരമല്ല എടോ ശരീരമെല്ലാം ഭ്രമം ആരുടെ ശരീരമായാലും ശരി തൽക്കാലം കാണപ്പെടുന്നു വെറുമൊരു ഒരു രൂപം മാത്രം നീ ഒരു കാര്യം ഇപ്പൊ പത്തൊന്നൂറ്റി ഇരുപത് വയസ്സായാലും ഇനിയിപ്പോ വീട്ടിരിക്കുമ്പോൾ ഇനി വീട്ടിലിരുന്നിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല ഇത്രയും നാളൊക്കെ ചെയ്തത് മതി വീടൊക്കെ വീട് എല്ലാം എല്ലാ സംഘവും ഉപേക്ഷിക്ക് സർവം പരിത്യജ്യ ആ വിട്ടോ ത്വന്തു സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു സ്വജനങ്ങളിലും ബന്ധുക്കളിലും ഉള്ള സ്നേഹം എന്ന് അല്ലാതെ ദിവ്യമായ സ്നേഹമൊന്നുമല്ല എന്റേത് എന്റെ ഈ ശരീരത്തെ ആസ്പദമാക്കി നാളെ നശിക്കാൻ പോകുന്ന ശരീരങ്ങളെ ആസ്പദമാക്കി നേരെ മറിച്ച് ബന്ധുക്കളിലും മക്കളിലും അച്ഛനിലും ഭാര്യയിലും ഭർത്താവിലും ഒക്കെ ആ ബ്രഹ്മത്തെ തന്നെ ഉള്ളുകൊണ്ട് കാണാൻ കഴിയുമെങ്കിൽ പ്രശ്നമൊന്നുമില്ല അത് കാണാൻ കഴിയുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്നൊന്നും ഒരിടത്തും പോകേണ്ട കാര്യമില്ല എല്ലാം ബ്രഹ്മയമായി കാണുന്ന ഒരാൾക്ക് വീട്ടിലിരിക്കുന്നതാണ് കുറെ കൂടെ ഉള്ളത് പക്ഷെ അത് ഒക്കില്ല സാർ എന്താ വെക്കാത്തത് ഉറപ്പില്ല അത് അവരെന്ന കുറ്റം പറയുന്നു അപ്പം നിങ്ങൾ അവർ പറയുന്ന കുറ്റത്തെയും അവരെയും വേറെ കാണുന്നു ബ്രഹ്മമായിട്ട് കാണുന്നില്ല അവർ കുറ്റം പറയട്ടെ അത് ബ്രഹ്മമായിട്ട് കാണുമോ കണ്ടത് അവിടെ ഒരുമിച്ചിരിക്കുക അല്ല എന്താ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താ പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല ആ പരമവായ സത്വം ഉൾക്കൊള്ളാനും അതനുസരിച്ച് വീട്ടിലിരിക്കാനും കഴിയുന്നില്ല അങ്ങനെ ഉറപ്പുള്ള ആൾക്ക് വീട്ടിലിരിക്കുന്നുണ്ട് ഒരു ദോഷവുമില്ല ചക്രവർത്തിമാരല്ലേ ജനകനും മറ്റും ജനകൻ ഋഷഭൻ അവരൊക്കെ അവർ സുഖമായിട്ട് ഗംഭീരമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് ഉള്ളിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുറപ്പിച്ചുകൊണ്ട് ഗംഭീരമായ ഒരു നാടകം പോലെ രാജ്യം ഭരിച്ച് ജീവിതം ശരീരം ഉപേക്ഷിച്ചു പക്ഷെ ഈ ഇത് ഉച്ചവർക്കും ഉറപ്പുവന്നില്ല നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സുമായി ഇനി അടുത്ത ജന്മത്തിലെങ്കിലും ബ്രഹ്മഭാവം ഉറപ്പുവരണമെങ്കിൽ ഇത് നല്ല എണ്ണം ഗ്രഹിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കണം അല്ലാതെ നാമകൃഷ്ണന്റെ നാമരൂപത്തിൽ അങ്ങോട്ട് ഉറച്ചു നിന്നുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് പറ്റില്ല ബ്രഹ്മാനുഭവം സാധ്യമാകാതെ പോകും അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് തൊന്ത് സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു അച്ഛാ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വേണ്ടവണ്ണം ഗ്രഹിച്ചില്ലെങ്കിൽ എന്തൊന്നായി കൃഷ്ണൻ പറയുന്നത് ബന്ധുക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ടിറങ്ങി പോകാനോ അതൊക്കെ ഒരു കടുപ്പമല്ലേ ഒരു വീട്ടിലിരുന്ന ഉപേക്ഷിക്കൻ്റെ എത്ര പേരാണ് ഇപ്പോൾ ദിവസവും പത്രവും എത്ര ആവശ്യവും ഇപ്പെല്ലാം ശരിപ്പെടുത്തി കളർന്നു എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകണം അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് വേണ്ടവണ്ണം അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയില്ലെങ്കിൽ ഉപേക്ഷിപ്പിക്കും അതാണ് പ്രകൃതി നിയമം എന്തു ചെയ്യാം ഇതാണ് ഈ മായയുടെ ഏർപ്പാട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണൻ പറഞ്ഞത് താൻ ശരീരം വിടാൻ പോകുന്നു ഉദ്ധവരെ നിങ്ങളുടനെ ശരീരം വിടണ്ട കുറച്ച് ദിവസം കൂടെ ഇവിടെ കഴിഞ്ഞോളൂ ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് പക്ഷേ ഈ വീട്ടിൽ കഴിയേണ്ട വീട്ട് കഴിഞ്ഞാൽ നിനക്ക് ഇനി അവരായി വരാ ഉറപ്പുവന്നിട്ടില്ല അവൾ തൊന്ത് സർവം പരുത്തി സ്നേഹം സ്വജന ബന്ധുഷു മയ്യാവേശ്യമന എന്നിൽ മനസ്സ് പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട് സമതൃക് സമതൃക്കാണ് ഈ കാണുന്നതൊക്കെ ഞാൻ ഒരേ പരബ്രഹ്മവസ്തു എന്നെ ഉപദേശിക്കുന്നു ഒരേ പരബ്രഹ്മവസ്തു അല്ലാതെ ഇവിടെ അല്പം പോലും നേഹനാൻ ആസ്തിക്കിങ് ചെന്ന ലേശം പോലും ഇവിടെ ഇല്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് വിചരസ്വഗാം ഭൂമിയിൽ ചുറ്റി നടക്കും കുറച്ചു നാളത്തേക്ക് അപ്പൊ ഏതാണ്ട് ഈ സത്വം നിറച്ച് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടുപോയാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആരംഭത്തിൽ തന്നെ ആ ബ്രഹ്മനിഷ്ഠയോടുകൂടി ജനിക്കാൻ കഴിയും പ്രഹ്ലാദനെപ്പോലെ അല്ലെങ്കിൽ നാരദനെപ്പോലെ അല്ലെ ഭരതനെപ്പോലെ ഭരതനാമാനിന്റെ ശരീരം വിട്ടുകഴിഞ്ഞ് പിന്നെ ഭരതനായി പിന്നെ ജഡഭരതനായി ജനിച്ചപ്പോ ജനിച്ചത് മുതൽ ബ്രഹ്മനിഷ്ഠയാണ് നല്ല ഉറപ്പായ ബ്രഹ്മനിഷ്ഠ അതുപോലെ ബുദ്ധവർക്കും ജന ജനിക്കാൻ കഴിയും സർവം പരിത്യജ്യ സ്നേഹം സുജന ബന്ധുഷു മൈ ആവേശ മനസ്സമ്യക് സമതൃക് ആ അല്ല കൃഷ്ണൻ വേറെ രാമൻ വേറെ അവൻ വേറെ ഇവൻ വേറെ ഒന്നുമില്ല എന്ത് വേണ്ടാലും സമദൃക് വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തീനി ശുനി ചെയ്യുവേച്ച പണ്ഡിത സമദർശിന ഗീത വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും ഗവിഹസ്തിനി പശുവിലും ആനയിലും സമദൃക് സമദൃഷ്ടി എന്താ ബ്രഹ്മം ഒരേ ബോധവസ്തു ബ്രാഹ്മണനായിരിക്കുന്നു പശുവായിരിക്കുന്നു കൃമിയായിരിക്കുന്നു കീടമായിരിക്കുന്നു ഓരോ വ്യത്യാസവും മനസ്സിൽ കൽപ്പിച്ചുകൂടാ നാമരൂപങ്ങൾക്ക് നാമരൂപങ്ങളെ വിട്ടു വസ്തുവിനെ കാണാം വിദ്യാവിനയസം തന്നെ ബ്രാഹ്മണയെ വിഹസ്തിന് ശുനിചൈവശുപാകേശ പണ്ഡിത സമദർശന അതുകൊണ്ട് ഉത്തവരെ നിങ്ങളും ഈ സമദർശന ദർശനം അംഗീകരിച്ചുകൊണ്ട് ഭൂമിയിൽ ചുറ്റിത്തിരി തിരിയൂ എന്ന് എന്താ അങ്ങനെ പറയുന്നത് ഭഗവാന് എടോ ഇതാണ് വസ്തയിന് ജ്ഞാനോപദേശമാണ് അടുത്ത ഒരു ഭാഗവതത്തിലെ ഒരു ആറ് പദ്യം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഉത്തവർക്ക് വേദാന്തതത്വം ത്തിന്റെ സാരസംഗ്രഹം മുഴുവൻ ഉൾക്കൊണ്ട് ഉപദേശിക്കുകയാണ് അടുത്ത ആറ് പദ്യങ്ങളിൽ പക്ഷെ പിന്നെ ഈ ഏകാദശം മുഴുവൻ ലീങ്ങണ സാർ പത്ത് മുപ്പത് അധ്യായമുണ്ടല്ലോ ഏകാദശത്തിൽ ഈ ഏകാദശം ഏകാദശ സ്കന്ധം എന്ന് പറയുന്നത് ഭാഗവതത്തിലെ ഭഗവത്ഗീതയാണ് ഭാഗവതത്തിൽ ശുദ്ധിവേദാന്തത്വം മാത്രം മുത്തവരുടെ ചോദ്യവും ഒക്കെ അനുസരിച്ച് വിവരിക്കുന്ന ഒരു സ്കന്ധമാണ് ഏകാദശം ഇവിടെയുള്ള ഭാഗവത ഹൃദയത്തിൽ ഏകാദശ സ്കന്ധത്തിലെ ഓരോ അധ്യായവും ഒരു വരി പേരും വിടാതെ ഓരോ അധ്യായവും പ്രത്യേകം പ്രത്യേകം വ്യാഖ്യാനിച്ചു നൽകിയിട്ടുണ്ട് സാധാരണ ഈ ഏകാദശ സ്കന്ധം മാത്രം കുട്ടികളെയും മിക്കവാറും അത് ഈ തത്വവും ആണല്ലോ അതിനോട് ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല കഥയില്ല എന്നും പറഞ്ഞ് ഏകാദശം വിട്ടുകളയും ഏകാദശം ഭാഗവത ഭഗവത്ഗീതയാണ് ഭഗവാനാണ് ഉപദേശിക്കുന്നത് പ്രധാനമായും ഉദ്ധവരോട് അർജുനനോട് ഉപദേശിച്ചതുപോലെ അതിനുള്ള വിഷാദമാണ് വിഷാദയോഗം അവിടെ അർജുന വിഷാദയോഗം ഇവിടെ ഉദ്ധവ വിഷാദയോഗം അത്രയുള്ള വ്യത്യാസം അതുകൊണ്ട് നീ ഇതൊക്കെ ഉപേക്ഷിക്കണം എന്തുകൊണ്ട് ഉപേക്ഷിക്കണം എന്ന് ചോദിച്ചാൽ ഈ കാണുന്നതൊക്കെ മായ മനോമയം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ആദ്യത്തെ ശ്ലോകത്തിന്റെ താത്പര്യം അതാണ് ആറ് ശ്ലോകങ്ങൾ അലയെടുത്തവരെ എയ്തും മനസാ വാച്ച അപ്പം ചക്ഷുഭ്യാം ശ്രവണാദിഭി മനസാ വാചാ ചുഭ്യാം ശ്രവണാധിപി നശ്വരം ഗൃഹ്യമാണം ച വിധി മായാ മനോമയം എന്താ ഇവിടെ ഇനി സംശയം വല്ലതും ഉണ്ടോ കൃഷ്ണൻ ഉപദേശിക്കുകയാണ് ഈ ഉപദേശമൊക്കെ വേണ്ടവണ്ണം ധരിക്കാതെ ഭാഗവതത്തിലെ കഥകളൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വല്ല വിശേഷമുണ്ടോ ശുഗൻ തന്നെ പറയുന്നു പക്ഷെ ശുഗൻ പറയുന്നത് നമ്മൾ സമ്മതിക്കില്ല സത്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ഉപദേശമൊക്കെ പിന്നെ എവിടെ പോകും എതിജം മനസ്സാച്ചു ശ്രവണാദിഷേ മനസ്സുണ്ട് വാക്കുണ്ട് കണ്ണുകൾ കൊണ്ട് ചെവികൾ കൊണ്ട് അലോചിച്ചവരെ നശ്വരം ഗൃഹ്യമാണെന്ന് വെച്ചാ നശ്വരമാണ് എന്നുവെച്ചാ െന്ന് തോന്നുന്നു സ്വൽപനേരം ഉള്ളതുപോലെ തോന്നുന്നു ഇല്ലാതാവുന്നു ഇതാണ് ഐശ്വരം ഉള്ളതാണെങ്കിൽ എപ്പോഴും ഒരുപോലെ ഉള്ളതാവും അതാണ് ബോധം എപ്പോഴും ഉണ്ട് ഉണ്ട് എന്ന് ഇല്ല എന്നുള്ള അനുഭവമേ ഇല്ല ബോധത്തിന് ഇല്ലാന്നനുഭവിക്കാൻ പറ്റുമോ ഇല്ല എന്നനുഭവിക്കണമെങ്കിൽ ബോധം വേണം അനുഭവമാണ് അനുഭവം ബോധത്തിനും മാത്രം ജടത്തിനനുഭവമില്ല ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ബോധമല്ലാതെ ഇവിടെ യാതൊന്നുമില്ല കാരണം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു മാത്രം അല്ല ഉള്ളത് ഉണ്ടെന്ന് അനുഭവിക്കാൻ കഴിയുന്ന വസ്തു മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത് ഉള്ളതല്ലേ പുള്ള ഉണ്ടെന്ന് അനുഭവമുള്ള വസ്തു ബോധം മാത്രം ആവർ അതാണ് ബ്രഹ്മം ബോധം എന്ന് ഞാൻ ആ വീണ്ടും വീണ്ടും ബോധം എന്ന പേര് പറയുന്നത് ഈ ബ്രഹ്മ എന്ന പേര് പറഞ്ഞാൽ ആളുകൾക്കൊരു പരിഭ്രമമാണ് എന്താ ഈ ബ്രഹ്മം ബ്രഹ്മശബ്ദത്തിനർത്ഥം പ്രപഞ്ചമായി പെരുകി കാണപ്പെടുന്ന സൂക്ഷ്മ വസ്തു എന്നേ ഉള്ളൂ ആ വസ്തുവാണ് ബോധം പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഇവിടെ അനുഭവം അനുഭവം അനുഭവം എന്ന് തന്നെ പറയാൻ ബോധത്തിനും അനുഭവം അനുഭവം ബോധം അനുഭവമില്ലെങ്കിൽ എന്തെങ്കിലുമുണ്ടോ അനുഭവമില്ലെങ്കിൽ ഞാനുണ്ടോ ഞാനുണ്ടെന്ന് അനുഭവിക്കുന്നു അതുകൊണ്ടുണ്ട് അനുഭവമില്ലെങ്കിൽ പിന്നെ എന്തുണ്ട് അനുഭവമാണ് പ്രപഞ്ചം അനുഭവമാണ് ബ്രഹ്മം അനുഭവമാണ് ബോധം നമ്മളൊക്കെ അതാണ് പക്ഷെ അനുഭവത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ ജഡ ജഡ രാഗദ്വേഷങ്ങൾ ജഡത്തിനോടുള്ള രാഗദ്വേഷങ്ങൾ കയറി വന്ന അനുഭവത്തിന്റെ ശുദ്ധി നശിപ്പിച്ചെടുത്തിരുന്നു നിങ്ങളാ അനുഭവത്തെ ഒന്ന് ശുദ്ധമാക്കിയെടുക്കൂ തീർന്നു ബ്രഹ്മാനുഭവം അനുഭവം ഇപ്പോഴും ഉണ്ടായാലും നാളെയും ഉണ്ട് നരകത്തിൽ പോയാൽ ഉണ്ട് അതിപ്പോ ബ്രഹ്മം തന്നെയാണ് അനുഭവിക്കുന്നതും പക്ഷെ അതിൽ മറ ഈ മറ ഈ കളങ്കങ്ങൾ വാസ്തവത്തിൽ വന്നിട്ടില്ല വന്നതുപോലെ തോന്നുന്നു നമുക്ക് നമുക്കൊക്കെ തോന്നുന്നില്ലേ രാഗം ദ്വേഷം ഈ മറ ആ ഭേദ ചിന്ത അവൻ ഇവൻ ഞാൻ കെയവൻ നീ മോശം എന്നിത്തരം ചിന്തകൾ നമുക്കൊക്കെ ഉണ്ടല്ലോ അനുഭവത്തെ ശുദ്ധമായ അനുഭവമാണോ ഇത് അശുദ്ധമല്ലേ ഒന്നും പോയി കഴിക്കുന്ന രാഗൻ ദ്വേഷം ഞാൻ കേമൻ നീ കേൻ എന്ത് കേൻ ഇതൊന്ന് ശുദ്ധീകരിക്കൂ അതൊക്കെ വിട്ടിട്ട് ഭേദം എന്തൊക്കെ മാറ്റി നിർത്തും രാഗദ്വേഷങ്ങളൊക്കെ ഒഴിവാക്കൂ എന്താ വീട്ടിലിരുന്നായിക്കൂടെ ഇതിന്റെ കാട്ടിൽ പോകണമെന്നുള്ള നിർബന്ധമുണ്ടോ ഇതെവിടെ ഇരുന്നായിക്കൂടെ ഏത് റോഡിലും നിന്നു ആകാം റോഡിലും ഏത് നരകത്തിലും ഏത് സ്വർഗത്തിലും നിന്ന് ഇതാകാം ആവശ്യമില്ലാത്ത പേര് വിന്തയും രാഗദ്വേഷവും ഒഴിവാക്കി അനുഭവത്തെ ശുദ്ധീകരിക്കുക അനുഭവം ശുദ്ധമായാൽ ബ്രഹ്മാനുഭവം ആനന്ദം അനുഭവത്തിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ ആനന്ദം അശുദ്ധി വന്നോ ദുഃഖം വാസ്തവത്തിലുള്ള അനുഭവത്തിന് ദുഃഖമില്ല ഈ അശുദ്ധി വന്നതോടുകൂടി ദുഃഖം തോന്നുന്നു ഇതാണ് നമ്മുടെ ഒക്കെ ഇന്നത്തെ സ്ഥിതി അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് ഇത് കാരണസഹിതം പറയുകയാണ് ലരിതം മനസ വാച ചക്ഷുഭ്യാൻ ശ്രവണാദി നശ്വരം ഇതുകൊണ്ട് ചെയ്യുമ്പോഴു ഒരു ശബ്ദം കേട്ടു കേട്ടു കുറച്ചു കഴിഞ്ഞ് ഇല്ലാതായി നശ്വരം ഗൃഹ്യമാണ് ഇതാണ് ഇതിനുള്ള യുക്തി ഉപകരണം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നത് ഉപകരണം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നതെല്ലാം കള്ളമാണ് ഞാൻ ഒരു പച്ചക്കണ്ണാടി വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നോക്കുന്നു പ്രപഞ്ചം മുഴുവൻ പച്ചയായിട്ട് കാണുന്നു എന്തുകൊണ്ടാ എന്റെ ശരിയായ കാഴ്ചയല്ല പച്ചക്കണ്ണാടിയിൽ കൂടി നോക്കിയപ്പോ പ്രപഞ്ചത്തിന് ഒരു പച്ചയിലുമില്ല സ്പഷ്ടമല്ലേ പച്ചക്കണ്ണാടി വെച്ച് നോക്കിയപ്പോ പ്രപഞ്ചം മുഴുവൻ പച്ച നിങ്ങൾ ആ കണ്ണാടി ഒന്ന് മാറ്റൂ പ്രപഞ്ചത്തിൻ്റെ പച്ച അപ്പടിത്തീറോ അല്ലാതെ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഈ കണ്ണാടി നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ കണ്ണാടിയും വെച്ചോണ്ട് ഓരോ വസ്തു പച്ചയായിട്ട് കാണുമ്പോൾ ആ വസ്തുവിലെ പച്ച മാറ്റാനാണ് ശ്രമം കണ്ണാടി അങ്ങനെ തന്നെ ഇരിക്കുന്നു വസ്തുവിൽ കാണുന്ന പച്ചതറം മാറ്റണം എന്തെന്ത് സാധിക്കാനാണ് എവിടെ സാധിക്കാനാണ് ഞങ്ങൾ കാണുന്ന വേറെ ഒരു നാലഞ്ചു പേര് പച്ച കണ്ണാടി വെച്ചുകൊണ്ടിരിക്കുന്നു അതിൽ വേറെ നമ്മൾ പച്ചക്കണ്ണാടി എടുത്തു എടുത്തിട്ട് പറയാണ് ഏ ഇവിടെ പച്ചയൊന്നും ഇല്ല മറ്റൊരു പറയാണ് ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ മുഴുവൻ ഞങ്ങൾ പച്ചയായിട്ടാണ് കാണുന്നത് മഠയാണ് നിങ്ങൾ ഈ ഉപകരണം വെച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ യഥാർത്ഥ രൂപം അറിയുന്നില്ല നിങ്ങളാ ഉപകരണം കാട്ടിത്തരുന്ന രൂപം കാണുന്നു വിവേകാനന്ദ സ്വാമി പറയുന്നു ആറാമത് ഒരു ഇന്ദ്രിയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളീ ശബ്ദസ്പർശ രൂപങ്ങൾക്കപ്പുറം ആറാമതൊരു ജഡതത്വം കൂടി കാണുമായിരുന്നു ഉണ്ടായിട്ടല്ല ഈ ഉപകരണത്തിന്റെ ഏർപ്പാടതാ അഞ്ചുപകരണങ്ങൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇവ അനുഭവിപ്പിക്കാൻ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ഒരെണ്ണത്തിന് ഒന്ന് മാത്രമേ അനുഭവിപ്പിക്കാൻ പറ്റൂ മറ്റേ ഇന്ദ്രിയം കണ് കണ്ണുകൊണ്ട് ചെവിയുടെ അനുഭവം സാധ്യമല്ല അത് തന്നെ സ്പഷ്ടമാണ് ഓരോന്നും ഓരോ ഉപകരണത്തിന്റെ അനുഭവം ഈ ഉപചരണം മുഴുവൻ ആരാ കൊണ്ട് നടക്കുന്നത് ബോധം ബോധം ഉണ്ടെങ്കിലല്ലേ ചെവി കേൾക്കും ബോധമുണ്ടെങ്കിലല്ലേ കണ്ണ് കാണും അപ്പൊ എല്ലാം ചെന്നു പറ്റുന്നത് ബോധത്തിൽ ബോധം നമ്മൾ ഒരാൾ പച്ചക്കിണ്ണാർ വെച്ചാലെല്ലാം പച്ച ചുവന്ന കണ്ണാടി വെച്ചാൽ ചുവപ്പ് ചെവിയിൽ കൂടെ ബോധം ശബ്ദം കണ്ണിൽ കൂടെ വന്നാൽ രൂപം മൂക്കിൽ കൂടെ വന്നാൽ മണം ഈ ഉപകരണങ്ങളൊക്കെ മാറ്റിയാലോ ശുദ്ധം ശുദ്ധബോർദ്ധം അതാണ് ഈ ഇന്ദ്രിയനിഗ്രഹമൊക്കെ സാധിക്കണം അപ്പോ നശ്വരം ഗൃഹ്യമാണ് ഉപകരണത്തിൽ കൂടെ കാണുന്നതല്ലയോ ഉദ്ധവരെ ഇല്ല അത് ഉപകരണം കാട്ടുന്ന കൃത്രിമ ദൃശ്യമാണ് ഈ അഞ്ചുപകരണങ്ങളിൽ കൂടെ മാറി മാറി ബോധം അനുഭവിക്കുന്നതല്ലേ ഈ പ്രപഞ്ച ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ എന്ന അഞ്ചു കാഴ്ചകൾ അഞ്ചുപകരണങ്ങൾ ഉണ്ടാകുന്നു ആ ഉപകരണമില്ലെങ്കിലോ ഈ കാഴ്ചകളില്ല പക്ഷെ കാണുന്ന ബോധം നിൽക്കും ശുദ്ധമായി നിൽക്കും അതുകൊണ്ടാണ് ഇന്ദ്രിയ നിഗ്രഹം വേണം ഇന്ദ്രിയനിഗ്രഹം വേണം എന്നൊക്കെ അത് എന്താ ഇന്ദ്രിയ നിഗ്രഹം അതും തെറ്റിദ്ധരിച്ചിരിക്കുകയും ഇപ്പൊ എങ്ങനെ നിഗ്രഹിക്കാനൊക്കെ കണ്ണ് പറിച്ചു കളയാവും അങ്ങനെ നിഗ്രഹിച്ച ഉള്ള രക്ഷയുണ്ടോ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് കളയുക നാളെ മുതൽ ബ്രഹ്മനിഷ്ഠ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ഇന്ദ്രിയൊക്കെ എവിടെ കൊണ്ടുവച്ച് നിഗ്രഹിക്കുക കണ്ണ് തുറന്നിരിക്കുന്നു രൂപം കാണണ്ട എന്ന് പറയാൻ പറ്റുമോ അതാണ് കൃഷ്ണനും ഒക്കെ പറയുന്നൊരു രൂപം കാണണ്ട എന്ന് പറയണ്ട രൂപം കണ്ടുള്ളൂ പക്ഷേ ആ രൂപം ബ്രഹ്മമാണെന്ന് കണ്ണിനെ ഓർമ്മിപ്പിക്കും ഇത്ര കണ്ടു ഉള്ളിൽ തീരുമാനിച്ചുകൊണ്ട് ഇവിടെ ബോധമല്ലാതെ ഈ രൂപങ്ങളൊക്കെ കൈക്കൊള്ളാൻ അല്ലെങ്കിൽ ഉപകരണം കൂടെ തന്നെ അനുഭവിക്കാൻ മറ്റൊരു വസ്തു ഇല്ല അപ്പോ കണ്ണൊരു രൂപം കാണുന്നെങ്കിൽ എഴുതച്ഛൻ പറയുന്നില്ലേ നാരായണ പ്രതിമ കണ്ണും കാണുന്നത് എന്തുമാവട്ടെ ആ കണ്ണിനോട് പറയൂ എടോ കണ്ണേ നീ കാണുന്ന ഈ കാഴ്ച ശരിയല്ല ീ കാണുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മമാണ് മേശ നീ നീ നീ മേശ രൂപം കണ്ടോ പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് മരുഭൂമിയിലൊക്കെ ആനൽ ജലം പോലെ ഈ മേശ ഇവിടെ ഇല്ല ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബ്രഹ്മത്തിൽ ഇല്ലാതെ തോന്നുന്ന കന്നീ കാണിക്കുന്ന കാഴ്ച ഈ പച്ച നിറം ഇല്ല പച്ചക്കണ്ണാടി കാണിക്കുന്ന പച്ച കാണുന്നു അവിടെ കണ്ണാടി നമുക്ക് മാറ്റി കാര്യം സാധിക്കാം ഇവിടെ ഇപ്പം അത് പറ്റില്ല ഈ ശരീരത്തിൽ ഇപ്പം മാറ്റാൻ ഒക്കോ അപ്പൊ ഇതറിഞ്ഞ് കണ്ണിനോട് പറയുക നീ കാണിക്കുന്ന സകല കാഴ്ചകളും ബ്രഹ്മം യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ ഹ അപ്പൊ പിന്നെ ചെവി കൂടെ യാതൊന്നു കേട്ടതത് നാരായണ ശ്രുതികൾ ഒക്കെ നാരായണമയം ബ്രഹ്മമയം ഇത് ഓരോ ഇന്ദ്രിയത്തെയും പഠിപ്പിക്കുക അതാണ് ഇന്ദ്രിയ നിഗ്രഹം അല്ലാതെ വേറെ കണ്ണുടച്ചിരുന്നു ശ്വാസം പിടിച്ചത് ഇതൊന്നും എളുപ്പമല്ല ഇതൊക്കെ ഉത്തരവെന്ന് ഇനിയിപ്പോ പറയാൻ പോകുന്നു ഇവിടെ ഒന്നും ഈ യോഗമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതെന്നുവെച്ചാൽ എത്ര ചെയ്താലും അത്തരം യോഗങ്ങൾ ഫലിക്കുന്നില്ല നേരം മുറി ചെയ്തങ്ങോട്ട് കുറച്ച് ദിവസം പരിശീലിച്ചു നോക്കുക ഒക്കെ എന്തൊരു രസം വാസ്തു എന്ത് നല്ലതെന്ന് ചോദിച്ചൊന്നുമില്ല അലോധവരെ മനസാവാച ചുർഭ്യാംശകണാതി നശ്വരം ഗൃഹ്യമാണ അപ്പൊ പിന്നെ ഈ കാണുന്നതോ കൃഷ്ണ രൂപമായിട്ട് കാണുന്നല്ലോ ഏഴോ അങ്ങനെ കാണാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ ആകെ ബോധമേ ഉള്ളൂ പിന്നെ ഈ കാണുന്നതോ മായ ഇല്ലാതെ കാണുന്നു കൃഷ്ണൻ തീർത്തു പറയല്ലേ നശ്വരൻ നശ്വരമാണ് കാര്യകാരണം കാരണം ഇതൊന്നും ഇല്ലാത്തതാണെന്നുള്ളതിനെന്താല് വരുന്നു പോകുന്നു ഗൃഹ്യമാണം ഉപകരണം കൊണ്ട് കാണുന്നു മായ ഉദ്ധവരെ ഇതൊക്കെ മായ മനോമയം നിങ്ങൾ സങ്കല്പം കൊണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ഭ്രമിക്കുന്നു മുഴുവൻ മനസ്സിന്റെ തെറ്റായ ധാരണ ഉദ്ധവരെ ഈ മനസ്സ് എവിടെ നിന്ന് വരുന്നു വെറും മായ എവിടുന്നോ കുറെ സങ്കല്പങ്ങൾ കയറി വരുന്നു നമ്മെ ആകെയിട്ട് അസൂയ വിദ്വേഷം അത് ഇത് ആകെയിട്ട് വട്ടം കറക്കുന്നു പക്ഷെ ഇത് എവിടെ നിന്ന് വന്നെന്ന് നിശ്ചയമില്ല എങ്ങോട്ട് പോകുന്നു നിശ്ചയമില്ല നിങ്ങൾ ഇവനെ ഒരു പാഠം പഠിപ്പിക്കൂ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എന്താ ഇടം ഇവിടെ ഒന്നേ ഉള്ളൂ ഈ ഇന്ന് മുതൽ എന്നോട് കളിക്കണ്ട ഇന്ന് മുതൽ പലത് കാണാൻ ഞാൻ നീ കാണുന്നതൊക്കെ ബ്രഹ്മം മനസ്സ് ബ്രഹ്മം നീ വേണ്ടാത്തത് ചിന്തിച്ചാൽ അതുപോലും ബ്രഹ്മം പലരും പലർക്കും ഇപ്പൊ പ്രയാസം സാർ ഞങ്ങൾ യോഗമെങ്കിലും വേണ്ടാത്ത ചിന്തകൾ എനിക്ക് വേണ്ടേ വേണ്ട കയറി വരുന്നു സാർ ഞാൻ എന്തുയിട്ടെ ഓ അതൊന്നും സാറല്ല അതും ബ്രഹ്മമാണെന്ന് വിചാരിച്ചേക്കും ഞാൻ നിങ്ങളുടെ ബോധത്തിൽ നിന്നല്ലേ വരുന്നത് ബോധത്തിലുണ്ടെന്ന് തോന്നുന്നു എവിടെ നിന്ന് വരുന്നു ഒരു ആശയവും ഇല്ല എവിടുന്നാണ് വരുന്നത് വേണ്ടാത്ത ചിന്ത അവനു എൻ്റെ ബോധത്തിൽ എഴുതുന്നോ വിടുന്നതിനെ കയറി വരുന്നു അതൊക്കെ ബ്രഹ്മമാണ് ഈശ്വരനാണ് ബ്രഹ്മമല്ലെങ്കിൽ ഈശ്വരൻ ബ്രഹ്മമാണ് ശാസ്ത്രീയമായ ഈശ്വര തത്വം അതൊക്കെ ബ്രഹ്മമാണെന്ന് ഇതാണ് കൃഷ്ണൻ അടുത്ത് പറയുന്നു പിന്നെയും അതുകൊണ്ട് ഉദ്ധവരെ നല്ലതോ ചീത്തോ ഗുണദോഷങ്ങളൊന്നും ചിന്തിക്കാൻ പോവരു യുക്താർത്ഥോ ഭ്രമ അടുത്ത ശ്ലോകം സത്യം കാണാത്ത പുരുഷൻ പലതു കാണുന്നതു ഭ്രമം സത്യം കണ്ടാലോ സത്യമേ ഉള്ളൂ പലതില്ല നേരെ മുറിച്ച് സാധാരണ മനുഷ്യർ പലതുണ്ട് ഉണ്ടെന്ന് ഭ്രമിക്കുന്നത് വെറും ഭ്രമം ഉദ്ധവരെ നീ ഇപ്പൊ കൃഷ്ണൻ ഞാൻ കൃഷ്ണനാണ് നീ വേറെ ഞാൻ ഉദ്ധവരോ ഇതാ കൃഷ്ണൻ നിൽക്കുന്നു ഇവിടെ ഇതുക്കൽ മുഴുവൻ ഭ്രമം നീ ഇപ്പ നിന്നെ കൊണ്ടുപോകാൻ പറയും ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുപോകാനാണ് ഞാനിവിടെ നിറഞ്ഞു നിൽക്കുന്നു നീയും ഞാനും ഒന്ന് ഒരേ ഞാൻ ഒരിടത്തും വാസ്തവത്തിൽ ഉദ്ധവരെ പോകുന്നില്ല ഈ ശാരീരിമ ഇതൊരു നിലൽ പോലെ അത് വിട്ടുപോകുന്നതായി തോന്നുന്നു പലർക്കും ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോവാൻ അതുകൊണ്ട് അയുക്തസ് സത്യം കാണാത്ത പുരുഷന് നാനാർത്ഥോ ഭ്രമ നാനാർത്ഥം ഭ്രമമാംസോ അയുക്ത നാനാർത്ഥോ ഭ്രമ സഗുണദോഷ അവൻ ഈ ഭ്രമത്ത് ഭ്രമത്ത് ഇത് ഗുണം ഇത് ദോഷം ഇത് ധർമ്മം ഇത് അധർമ്മം വേർതിരിക്കുന്നു എന്നിട്ട് അതിൽ കിടന്ന് കറങ്ങുകയാണ് ആ ഗുണദോഷചിന്തയിൽ കിടന്ന് കറന്ന് വേണം ജീവിതത്തിന്റെ അവസാനം വരെ വംസോ അയുക്ത നാനാർത്ഥോ ഭ്രമ സഗുണദോഷഭ കർമ്മ അകർമ്മ വികർമ്മേതി ഗുണദോഷധിയോഭിത ഭ്രമത്തെ ഗുണദോഷമായി അതായത് സ്വപ്നത്തിലെ രാജാവിനെയും ഭൃത്തിനെയും രാജാവും ഭൃത്യനുമായിട്ട് കാണുക അതുപോലെ സ്വപ്നത്തിൽ അതുപോലെ ഇത് ഭ്രമമാണ് ഭ്രമത്തെ ഇത് ഗുണം ദോഷമെന്ന് വേർതിരിച്ചാൽ മരിക്കുമ്പോഴും ഗുണവും ദോഷവും ബ്രഹ്മാനുഭവം സാധ്യമല്ല കാരണം ബ്രഹ്മത്തെ പലതായി ഭ്രമിച്ച് ഗുണം ദോഷം എന്ന് വേർതിരിക്കുകയാണ് വുംസോ അയുക്തസ്വ നാനാർത്ഥോ ഭ്രമസ്വ ഗുണദോഷ കർമ്മ അകർമ്മ ഇത് കർമ്മം മറ്റേ കർമ്മമല്ല വികർമ്മം ഇത് വിരുദ്ധകർമ്മം ഇത് എങ്കിലും ഈ ലോകത്തെ അങ്ങനെയൊക്കെ കാണുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ കാണാതെ നിങ്ങൾ ഭ്രമിക്കുന്നു ഇപ്പൊ എന്ത് ചെയ്യാൻ ഭ്രമം മാറ്റൂ വസ്തു ഒന്നേ ഒഴിവ് ഉറപ്പിക്കൂ വേറെ എന്ത് മാർഗം ഈ ലോകത്തെ ഗുണദോഷങ്ങൾ ഒക്കെ ഒന്ന് അടിച്ചു നിരത്താനാണ് ഈ ലോകമുണ്ടായ കാലം മുതൽ അവതാരപുരുഷന്മാരും മതനേതാക്കന്മാരും സാമൂഹ്യപ്രവർത്തകരും സക്കലരും ശ്രമിച്ചിട്ടുള്ളത് ഇന്നും ഇങ്ങനെ തുടങ്ങിയതല്ല ചരിത്ര വായിച്ചു നോക്കുക ഭരണകർത്താക്കളും എന്താ ഗുണദോഷമൊക്കെ മാറ്റി ധർമ്മം മാത്രം ഭഗവാൻ കൃഷ്ണൻ പോലും ജനിച്ചത് ധർമ്മ സംസ്ഥാപനർത്ഥായ ആ കൃഷ്ണൻ പറയുന്നു ആ ഉദ്ധരെ ഞാൻ ഇവിടുന്ന് വിട്ടാൽ അ നിമിഷം കളിവിടവി പിന്നെയിപ്പൊ നിങ്ങൾ ജനിച്ചിട്ടെന്താ രണ്ട് മൂന്ന് നടത്ത കൃഷ്ണൻ പറയുന്നേ ഭാഗവതത്തിൽ പിന്നെ ഇപ്പൊ കൃഷ്ണൻ ജനിച്ചിട്ട് എന്താ വിശേഷം ആ വിവേകാനന്ദ സ്വാമി പറയുമ്പോൾ ലോകത്തെ ഒന്നാക്കുക പട്ടിയുടെ വാല് നിവർക്കാൻ ശ്രമിക്കുമ്പോൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന നിവർന്നു എന്ന് തോന്നണം പിടിയിരിക്കണം തോന്നും അത്രേ ഉള്ളൂ അപ്പോൾ അത് വളയാനിങ്ങനെ വളയാൻ തിടുക്കത്തി നിൽക്കുക വിവേകാനന്ദ സ്വാമി പറയുന്നതാണ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതാണ് ലോകം നന്നാക്കൽ അദ്ദേഹം ആദ്യമൊക്കെ വിചാരിച്ചു നന്നാക്കളെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭൂതത്താൻ ഒരാൾക്കൊരു ഭൂതത്താൻ്റെ സഹായം വേണം മുനിയോടിയെന്ന് പറഞ്ഞു എനിക്കെല്ലാം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭൂതത്താൻ വേണം ഭൂ മുനി പറഞ്ഞു നീ വീട്ടിൽ പോയി വിവേനുൽ ഇസ്ലാമിയുടെ കഥയാണ് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് നാളെ വേണമോ വേണ്ടിയൊന്നും ആലോചിച്ചവരെ എനിക്ക് കൂടിയ തീരുമിന് ആ ശരിത്തരം ആ ഭൂതത്താൻ വന്നു ഭൂ ജോലി കൊടുക്കണേ എന്ത് ജോലിയും പറഞ്ഞാൽ ചെയ്തോളൂ അപ്പോൾ ഭൂതത്താൻ പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷെ ജോലി ഇല്ലാതെ വന്നാൽ ഞാൻ ആളിനെ തട്ടിക്കളയും ഒരു ജോലി എനിക്ക് തരാൻ കിട്ടിയില്ലെന്ന് വെച്ചാൽ എന്നെ വിളിച്ചു വരുത്തിയ ആളിനെ ഞാൻ തട്ടിക്കളയും അവ ഇല്ല അത് ഞാൻ കൊടുത്തോളാം കൊണ്ടുപോയി അവൾ കൊണ്ടുപോയി ഈ കാണുന്ന കുന്നിനെ അടിച്ചു നിരത്തു ഒരു സെക്കൻഡ് കൊണ്ട് അയാൾ ഭൂതത്തരല്ലേ അയാളെ അടിച്ചു നിരത്തി ഇനി എന്താ ജോലി അപ്പം വേറെ ജോലി ചില ജോലികളൊക്കെ പറഞ്ഞു അതൊക്കെ നിമിഷം പറഞ്ഞ ചെയ്തു ഇയാൾ മടകനല്ലേ മടനല്ലെങ്കിൽ അവന് ഉം പൂത്താന തോന്നില്ലല്ലോ വേണമെങ്കിൽ ജോലി കൊടുക്കാനായിരുന്നു കുന്നിനെ അടിച്ചു നിരത്തു വീണ്ടും കുന്നാക്കൂ ആ വീണ്ടും അടിച്ചാൽ വീണ്ടും അടിച്ചാൽ ഇങ്ങനെ ചെയ്യാങ്ങായിരുന്നു അതൊന്നും അറിഞ്ഞില്ലേ അത് ബുദ്ധി ഇല്ലല്ലോ അതോ പറഞ്ഞു ഇനി ജോലി ജോലി കൊടുക്കാനല്ല കൊല്ലാനായിട്ട് ചെന്നു ഇപ്പൊ ഇയാൾ ഓടി പനിയുടെ അടുത്ത് മുനിയുടെ അടുത്ത് ഓടിയിട്ട് എനിക്ക് വേണ്ട എനിക്ക് ഈ ഭൂതത്വം വേണ്ട ആ പക്ഷെ ഇനിയിപ്പങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല നീ വേണമെന്ന് പറഞ്ഞു കിട്ടി ഇനി ഇപ്പൊ ഭൂതത്തുമ്പോ ഇല്ല ജോലി കൊടുക്കുക ആവശ്യം എൻ്റെ കയ്യിൽ അങ്ങനെ ജോലിയൊന്നുമില്ല എന്നാ മുനി പറഞ്ഞെന്നാണ് എടാ ഒരു കാര്യം ഒരു പട്ടിയുടെ വാലെടുത്ത് കൊടുക്കുക ഇതൊന്നും വരുത്താൻ പറ പട്ടികളും നിവർത്തും പിടിച്ചുവെച്ചോണ്ടിരുന്ന നിവർന്നിരിക്കും വിട്ടേ അത് വീണ്ടും വിളയും ഭൂതത്താൻ അടങ്ങി വിവേകാനന്ദ സ്വാമി പറയുന്നത് ഇതാണ് ലോകം നന്നാക്കൽ ഇവിടെ ഒരു രണ്ട് ഇഞ്ചിനീയറും കോളേജും ഒന്നും ഇതൊക്കെ വേണ്ടെന്നല്ല ഒരഞ്ചുളൊക്കെ ചെയ്താൽ എന്തോ നന്നാവുന്നെന്ന് തോന്നും അതിന്റെ നൂറിരട്ടി ദോഷങ്ങൾ നൂറിരട്ടി ദോഷങ്ങളും ഏത് രംഗത്താണ് ഇല്ലാത്തത് രോഗമൊക്കെ മാറ്റി എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ ഇപ്പൊ എന്താ കഥ ഞാൻ പറയാൻ പറ്റോ ഇതൊന്നും ഇവിടെ നടക്കാൻ പോലുള്ള ഇത് മായ ഇത് ഈശ്വരന്റെ കളിയാണ് ഒന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പിക്കൂ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനവും ഇവിടെ ഒരു കുഴപ്പവും രമണ മഹർഷിയോട് ആലോചന എന്ന് ചോദിച്ചാൽ മഹർഷി എന്താ ഇങ്ങനെ ഉറക്കം തോന്നിയായിട്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് പേര് കഷ്ടപ്പെടുക അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ നോക്കി ഒരു മനുഷ്യരും കഷ്ടപ്പെടുന്നില്ല ഇല്ല ബ്രഹ്മം മാത്രം അത് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ പോയി നന്നാക്കി ഞാൻ എന്തുവേണം ഞാൻ കാണുന്നില്ല ഇവിടെ ബ്രഹ്മം പാത്രമേ ഉള്ളൂ ഞാൻ ആര നന്നാക്കാൻ ഞാനും അത് തന്നെ ഇത് ഉറപ്പിച്ചുകൊണ്ട് കുറേയൊക്കെ നാടകം വേണ്ട എന്നൊന്നും കഷ്ടപ്പെടുന്നവരെ പരമാവധി ഇതൊക്കെ സുഭാഷിതം അതൊക്കെ കിട്ടാം ഇവിടെ പരോപകാരത്തിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്ത് പരോപകാരം ചെയ്തോളൂ ഒരു ഇല്ല പക്ഷെ എത്ര നാൾ ചെയ്യും ചെയ്തുകൊണ്ട് ഏലോക്കെ നന്നാവോ ഇന്ന് വരെ നന്നായിട്ടില്ല ഇന്നുവരെ ആരൊക്കെ എന്തെല്ലാം നന്നാക്കാൻ ശ്രമിച്ചോ അതൊക്കെ ലോകത്തെ ഇന്നിട്ട് പെടപ്പിക്കുകയാണ് പെടപ്പിക്കുന്നു വേണ്ടന്നല്ല ഒരിക്കലും അങ്ങനെ ശരിക്കും വേദാന്തത്തിന് അങ്ങനെ ഒന്നും ആരോടും ഒന്നും നിർദ്ദേശിക്കാനില്ല കാരണം ഈ ഭ്രമത്തിൽ എന്ത് നിർദ്ദേശിക്കാൻ ഇതറിഞ്ഞുകൊണ്ട് ഗംഭീരമായി ജീവിക്കൂ ഒരു കുഴപ്പമില്ല ഇതാര ഈ കൃഷ്ണം കൃഷ്ണൻ അങ്ങനെ ജീവിച്ചു കൃഷ്ണന് ഒരൊറ്റ ജീവി വേറെപ്പാടിലൊന്നും പിന്മാറിയില്ലേ ഓരോ സ്ഥലത്തു നിന്നും പിന്മാറിയില്ല പത്ത് പതിനാറ് ആയിരത്തി എട്ട് പേര് ഒന്ന് നിർബന്ധിച്ചു കൃഷ്ണ അങ്ങെ അല്ലാതെ ഞങ്ങൾ കല്യാണം കഴിക്കില്ല വരും വരും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം അങ്ങോട്ട് പോയില്ല ഒരൊറ്റ ഒരുത്തര ഈ പതിനാറ് ആയിരത്തെട്ട് കല്യാണം കഴിച്ചവരോ കല്യാണം പോലും അങ്ങോട്ട് പോയി അവരിങ്ങോട്ട് വന്ന് നിർബന്ധിച്ച് പഴങ്ങുന്നു ഇതുപോലെ കൃഷ്ണൻ അതനുസരിച്ച് ജീവിച്ച ആളാണ് ഒന്നിൽ നിന്നും വിട്ടതെന്നില്ല ഒന്നിൽ നിന്നും വേണമെങ്കിൽ വിട്ടു നിൽക്കണ്ട നിൽക്കണമെന്ന് തോന്നിയാ നിൽക്കാം ഇവിടെ ഒന്നിനും വ്യവസ്ഥയൊന്നുമില്ല അതൊക്കെ അവനവന്റെ ഇഷ്ടം പോലെ എന്തായാലും ഉദ്ധവരെ ഈ ഗുണദോഷചിന്തയൊക്കെ വിടൂ ഇതൊക്കെ ഭ്രമമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തുവേണം യുക്തേന്ദ്രിയ തസ്മാവത് യുക്തേന്ദ്രിയ ഗ്രാമ യുക്തജി ഗംജ ആത്മനീക്ഷസ്വ സത് യുക്തേന്ദ്രിയ ഗ്രാമി ഒരു കാര്യം ചെയ്യും നിന്റെ ഇന്ദ്രിയ യുക്തേന്ദ്രിയെന്ന് വെച്ച ഇന്ദ്രിയങ്ങളോടൊക്കെ സത്യം കാണാൻ ആവശ്യപ്പെടും കണ്ണിനോട് പറയൂ നീ രൂപം കാണുക നീ ബ്രഹ്മത്തെ കാണ ചോട് പറ ശബ്ദം ബ്രഹ്മത്ത് ശബ്ദത്തെ ശബ്ദമൊക്കെ കേട്ടോളൂ പക്ഷെ ബ്രഹ്മമാണെന്ന് ഉറപ്പിച്ചോളൂ തസ്മാൻ യുക്ത ഈ ഇന്ദ്രിയ നിഗ്രഹം പറഞ്ഞത് വെറുതെ നിഗ്രഹിച്ച വലിയ അബദ്ധമാണ് ചിലപ്പോൾ വല്ല് കൃഷ്ണൻ പറയുന്നു ആവശ്യമില്ലാതെ ബലാത്കാരമായി ഒരു നിഗ്രഹത്തിനും പോലും ഭാന്താലയത്തിൽ പോകേണ്ടിവരും കുറെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ തത്വം ഗ്രഹിച്ച ഒക്കെ ഭഗവത്മയം ഭഗവത്മയം അന്ന് പതുക്കെ പതുക്കെ പഠിച്ച് കൃഷ്ണൻ പറയുകയാണ് ഒരു ജ്ഞാനി പോലും കുറേയൊക്കെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് പ്രവർത്തിക്കും നിഗ്രഹിക്കാൻ പോലും വെച്ചാൽ ബലാൽ അനുഭവിച്ചനുഭവിച്ച് ഈ സത്യം കൂട്ടിച്ചേർത്ത് അനുഭവിക്കുക ഇത്രയേ ഉള്ളൂ ഏത് പാപിയായാലും കൃഷ്ണൻ പറയുന്നു ഉടനെ പാപത്തെ ഒന്നും നീ ഉപേക്ഷിക്കണ്ട ഉപേക്ഷിക്കാൻ ഒക്കെ നീ അങ്ങനെ ശീലിച്ചു പോയി ചേ കൂട്ടിച്ചേർക്കൂ ഈ പരമസത്യം ഇവിടെ വന്നേ ഉള്ളൂ ഒരു പാപവുമില്ല പുണ്യവുമില്ല കൃഷ്ണൻ എത്ര പറഞ്ഞിരിക്കുന്നു ഗീതയിൽ ഗീതയിൽ അതുകൊണ്ട് ആ ഉദ്ധകരെ തസ്മാൻ യുക്തേന്ദ്രിയ ഗ്രാമ യുക്ത യുക്തചിത്ത ചിത്തം കൊണ്ടും ആ സത്യത്തെ മാത്രം പിന്തുടരൂ ആത്മനീക്ഷസ്യ എന്നിട്ട് ആ സത്യത്തെ ഉള്ളിൽ കാണു ഞാൻ ഞാനില്ലെങ്കിലൊന്നുമില്ല ആ ഞാനിനെ ഒന്ന് പാകപ്പെടുത്തി രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബ്രഹ്മത്തിൽ കാണു തീർന്നു തസ്മാൻ യുക്തേന്ദ്രിയ ഗ്രാമ യുക്തചിത്ത ഇതം ജഗ ആത്മനീക്ഷ സതതം ആത്മാനം മൈ അധീശ്വരേ എന്നും നിറഞ്ഞു നിൽക്കുന്ന എന്നിൽ കാണൂ ഉദ്ധവരെ ഞാനിപ്പോ എല്ലാ ശ്ലോകം വിശീകരിക്കാൻ പോകുന്നില്ല ഇത് കാര്യം എത്രയേ ഉള്ളൂ സർവഭൂതസുഹൃശാന്തവും സർവഭൂതസുഹൃത്ത് അർത്ഥം മനസ്സിലായല്ലോ സകല ജീവികളിലും നല്ലവണെന്നോ ചീത്ത നോക്കാതെ ഉള്ളിൽ സൗഹൃദം സ്നേഹം പുലർത്തുമെന്ന് അവരൊക്കെ ഈശ്വരനാണ് സർവഭൂതസുഹൃശാന്തവും ജ്ഞാനവിജ്ഞാന നിശ്ചയ ജ്ഞാനം ഇതൊക്കെ സത്യമാണെന്ന് ഗുരുവിൽ നിന്ന് യുക്തിയുക്തമായി കേൾക്കുന്ന സിദ്ധാന്തം വിജ്ഞാനം അതനുഭവിക്കുക രാഗദ്വേഷങ്ങൾ ഒഴിച്ചു മാറ്റി അതനുഭവിക്കുക ജ്ഞാന വിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ഈ വിശ്വത്ത് ജ്ഞാനായിട്ട് കാണും മതാത്മകം ഒന്നും മാറ്റി നിർത്തണ്ട ഒന്ന് അങ്ങനെ വിശ്വത്ത് മതാത്മകമായി നീ കണ്ടാൽ വിപദ്ധ്യേ ത കർഹിച്ചത് ഒരിടത്തും പിന്നെ നിനക്കൊരു ബുദ്ധിമുട്ടില്ല എന്താ ഇപ്പൊ കരഞ്ഞതുപോലെ കരയാനിടയാവൂല ഞാനിപ്പോ എവിടെ പൊക്കളയുന്നു എന്ന് വെച്ച് നീ കണ്ണുനീർ വാർത്ത് കരയുന്നില്ലേ ഈ കരച്ചിൽ നിടവരില്ല അതിനേത് മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞ് ഗംഭീരമായി കൃഷ്ണൻ വേദാന്ത മുഴുവൻ അർജുനന് അല്ല ബുദ്ധിപര കേൾപ്പിക്കുന്നു കാര്യം മറ്റു കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനില്ല സർവം ബ്രഹ്മമയം ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് ഈ ജഗത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈശ്വരൻ അത് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു തത്വബോധം കുറേശ കുറെശ ഉടനെ കുറേശ്ശെ കുറെശ്ശയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തി മരിക്കുന്നതിനു മുൻപ് കുറെയെങ്കിലും ഒരു ധന്യത ജീവിതത്തിനും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും ഒക്കെ നഴുകാൻ ജഗദീശ്വരൻ നമ്മെയൊക്കെ അനുഗ്രഹിക്കട്ടെ